ം പതിനഞ്ച് യഹോവയുടെപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തെക്കാൾ എന്തുവിശേഷതയുള്ളൂ വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരമെടുക്കാമോ വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ അതിനെ തീക്ക് ഇരയായി കൊടുക്കുന്നു തീ അതിന്റെ രണ്ടറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു അതിന്റെ നടുമുറിയും വെന്തിരിക്കുന്നു ഇനി അത് വല്ല കൊള്ളുമോ അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു ചെയ്ത ശേഷം വല്ല കൊള്ളുമോ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു കാട്ടിലവൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരയാക്കി കൊടുത്ത മുന്തിരിവള്ളിയെപ്പോലെ ഞാൻ എരിശലേം നിവാസികളെയും ആക്കും ഞാൻ വിരോധമായി മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീക്ക് ഇരയായി തീരും ഞാൻ വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്